അനാദിഭാവരൂപത്തിലുള്ള ജ്ഞാനത്തിന് പ്രമാണമാണ് പറഞ്ഞത് വിഗീതം ദേവദത്ത നിഷ്ഠപ്രമാണജ്ഞാനം ദേവദത്ത നിഷ്ഠപ്രമാഭവാതിരിക്ത അനാതിർ നിവർത്തകം പ്രമാണക്കുവാ പ്രമാണജ്ഞാനം ഈ അനുമാനത്തെ വ്യാഖ്യാനിച്ചു ഇത് മനസ്സിലായെങ്കിൽ വ്യാഖ്യാനം അർത്ഥം മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോകാം മനസ്സിലായോ ഒരാൾ തല കുലുക്കി ബാക്കിയുള്ളവരൊന്നും മിണ്ടെന്നില്ല മിണ്ടാതിരുന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായെന്നാണോ ഇവിടെ അത് മിണ്ടിയാൽ എൻ്റെ മനസ്സിലായെന്ന് അർത്ഥം ധരിക്കാവോ ഒരുപിടിയും കിട്ടുന്നുണ്ട് ഉണ്ടാതിരുന്നാൽ അതിനർത്ഥം മനസ്സിലായി എന്നാണെങ്കിൽ ഏ മനസ്സിലായി എന്നാ ഒരിക്കോട് പറയാം ദേവദത്ത നിഷ്ഠപ്രമാ പക്ഷെ ഇപ്പൊ ഓർക്കാത്തോണ്ട് ഞാൻ ഓർക്കാൻ വേണ്ടി ഒരുങ്ങോട്ട് പറയാം അതാണെന്ത് പക്ഷം നിഷ്ഠാന്തം എന്താണ് യജ്ഞദത്ത പ്രമ അവിടെ ഹേതു ഉണ്ടോ എന്ന് നോക്കുക ഹേതു എന്താണ് പ്രമാത്വം യജ്ഞദത്ത പ്രമേ പ്രമാത്വം ഉണ്ടോ ഉണ്ട് ഇനി സാധ്യമുണ്ടോ എന്ന് നോക്കുക ദേവദത്തമ അത് പ്രമയുടെ പ്രാഗഭാവം ദേവദത്ത നിഷ്ഠപ്രമ എവിടെയിരിക്കും ആ പ്രമയുടെ പ്രാഗഭാവം എവിടെയിരിക്കും അതിൽ നിന്ന് അതിരിക്തമായ ഒന്നിനെടുക്കണം അത് അനാദിയായിരിക്കണം അതെന്താണ് യജ്ഞത്തലിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവം യജ്ഞത്തലിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവം എന്ന് പറയുന്നത് ദേവദത്തലിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവത്തിൽ നിന്ന് അതിരിക്തമാണ് അനാദിയാണ് അതിന്റെ നിവർത്തകമായി എന്ത് യജ്ഞദത്തലുള്ള പ്രമ ആണോ യജ്ഞദത്തലിരിക്കുന്ന പ്രമയുടെ അനാദിയായ ആ പ്രാഗഭാവത്തിന്റെ നിവർത്തകം എന്തായി യജ്ഞത്തിലിരിക്കുന്ന പ്രമ അപ്പോ സാധ്യം ദൃഷ്ടാന്തത്തിൽ വന്നോ ദേവദത്തനു പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയായ ഒന്നിന്റെ ഏതെന്ന് പറയുന്നില്ല അനാദിയായ ഒന്നിന്റെ നിവർത്തകമായി യജ്ഞത്തിനുള്ള പ്രമാ അപ്പൊ അവിടെ സാധ്യം വന്നു ഹേതു വന്നു ഇനി പക്ഷത്തിൽ ഹേതു കൊണ്ടോന്നു പക്ഷം എന്താണ് ദേവത നിഷ്ടപ്രമാ ഹേതു എന്താണ് ഉണ്ടോ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷത്തിൽ ഹേതു കൊണ്ട് നിഷ്ടാന്തത്തിൽ സാധ്യവും ക്ഷത്തിൽ വന്നല്ലേ പറ്റൂ വേണ്ടേ അപ്പൊ സാധ്യമെന്താണെന്ന് നോക്കുക ദേവദത്ത് നിഷ്ഠ പ്രമാപ്രാഗഭാവത്തിൽ നിന്ന് അതിരിക്തമായ അതെന്താണെന്ന് പറയുന്നില്ല അനാദിയായ പ്രമാപ്രാഗഭാവായിരിക്കാൻ പാടില്ല അതിരിക്തം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെടുക്കാൻ പറ്റില്ല ആ പ്രമാപ്രാഗഭാവത്തിൽ നിന്ന് അതിരിക്തമായ അനാദിയായ ഒരു സാധനം അതാണ് ഏത് സാധനം എന്താണ് ആ സാധനം പാവരുവാജ്ഞാനം അതിന്റെ അനുബർത്തകം അനുവർത്തകത്വം വന്നു പക്ഷത്തിൽ പക്ഷം എന്താണ് എപ്പറമേ ശരിയായോ ഏ പിന്നെ എന്താ പക്ഷത്തിൽ ഏതു വന്നു ദൃഷ്ടാന്തത്തിൽ സാധ്യം ഏതും വന്നു എന്ത് ചെയ്തു പക്ഷത്തിൽ സാധ്യ സിദ്ധിച്ചു ഇനി കൂടുതൽ അനുമാനം കൊണ്ട് എന്താ സാധിക്കുന്നു വേറെ എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ എന്നാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ ർത്ഥം മനസ്സിലാകില്ല ഒന്നുകിൽ മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ ജോലിസിനില്ല എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്ത മനസ്സിലായോ ഇല്ലയോ മനസ്സിലായി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഒരു യുക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം തെളിയിക്കണോ ഇപ്പം ഞാൻ തെളിയിക്കാൻ പോയേ മനസ്സിലായതും പോവും എങ്ങനെ അതിന് ഉപാധിയെക്കുറിച്ച് പറയും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒടുവിൽ തെളിയിക്കും ഇപ്പത്തിലേക്കത്തില്ല എന്തോട്ട് പോണല്ലോ ഏ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പ എന്ത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിട്ടില്ലെന്നാ പറയുന്നത് എന്ത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മനസ്സിലായിട്ടില്ല എന്ന് ഞാനങ്ങനെ മനസ്സിലാക്കി തരും എല്ലാം മനസ്സിലാകും ഇച്ചൊരു കഥലൊന്നും മനസിലായില്ല ഇതാണ് ഞാൻ പറയുന്നത് ഒരു ചുക്കും മനസ്സിലായത് എനിക്ക് മനസിലായോണ്ടല്ലേ പറയുന്നു അത് മനസ്സിലാകും മനസ്സിലാകാത്തത് എന്താണെന്ന് ഇപ്പം പറഞ്ഞാ ഇനി പറയാൻ പോകുന്ന മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്ത് മനസ്സിലായില്ല എന്നുള്ളത് ഇനി ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നില്ല കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഇപ്പം മനസ്സിലായത് മതി മുമ്പോട്ട് പോകുന്നതിന് അങ്ങനെയുള്ളൂ അനുമാനം എന്ന് പറയുന്നത് എന്താണ് മറ്റ് പ്രമാണങ്ങളിലൂടെ ശ്രദ്ധിക്കാത്ത ഒരു സാധ്യത സിദ്ധിക്കുകയാണ് അനുമാനം അപ്പം വേറെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അതായത് പർവ്വതത്തിൽ ചെല്ലുമ്പോൾ അവിടെ അഗ്നിയെ കാണുകയാണെങ്കിൽ അനുമാനത്തിൻ്റെ ആവശ്യം ഉണ്ടാ അപ്പം ഞങ്ങളുടെ പരാതി ഞങ്ങൾക്ക് അനുമാനത്തിലൂടെ മനസ്സിലായി പക്ഷേ വേറെ ഒന്നിലൂടെയും മനസ്സിലായില്ല അങ്ങനെ പറയുന്ന കാര്യമുണ്ടോ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പിന്നെ അനുമാനത്തിൻ്റെ ആവശ്യമുണ്ടോ അപ്പം മറ്റ് പ്രമാണങ്ങളിലൂടെ മനസ്സിലാകാതെ വരുമ്പോഴാണ് എന്ത് പ്രയോഗിക്കുന്നത് അനുമാനം നിങ്ങളുടെ പരാതി എന്താണ് അനുമാനത്തിലൂടെ മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം വേറെ പ്രമാണത്തിലൂടെ മനസ്സിലായില്ല വേറെ പ്രമാണത്തിലൂടെ മനസ്സിലായ അനുമാനത്തിൻ്റെ ആവശ്യം ഇനി അങ്ങനെ അനുമാനം നടത്തിയെന്നിരിക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ത് സംഭവിക്കും സിദ്ധസാധനം എന്ന് പറയുന്ന ദോഷം വരും പ്രമാണാന്തരേണ അവഗതസ് അർത്ഥ പക്ഷേ അനുമാനേന സാധനം സിദ്ധസാധനം മറ്റൊരു പ്രമാണത്തിലൂടെ സിദ്ധമായ ഒരു വിഷയത്തെ പക്ഷത്തിൽ അനുമാനത്തിലൂടെ സാധിക്കാൻ പോയി കഴിഞ്ഞാൽ സിദ്ധസാധനം വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്തുകൊണ്ട് ഇവിടെ സിദ്ധസാധനം എന്ന് പറയുന്ന ദോഷം ഇല്ല ദോഷമില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പരാതിയാണെങ്കിൽ എന്താണ് ഈ ഗ്രഹസ്ഥാനം എന്നാൽ ഇതിനകത്തൊരു രഹസ്യം കിടപ്പുണ്ട് അത് ഒടുവിൽ ഏറ്റവും ഒടുവിലെ അത് വെളിപ്പെടുത്തുള്ളൂ അതുവരെ ക്ഷമയോടുകൂടിയിരിക്കണം എന്തിനൊടുവിൽ വെളിപ്പെടുത്തുന്നു പറഞ്ഞാൽ എന്താണ് ആ അധികന്നെ എന്നുവച്ചാ ഏത് അസംഭേദത്വം അതുവരെ എത്തി ഏതത് അസംവേദത്വം ഏതത് അന്യസംവേദത്വം വാ തത്ര ഉപാധി ഉപാധി ഇവിടെ പറയാം ആര് പറയും താർക്കിയം പറഞ്ഞാൽ ആ പറയാൻ പോകുന്ന ഉപാധിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്വൈതി പറയാണ് അത് നടക്കത്തില്ല ഞങ്ങളുടെ അനുമാനത്തിൽ ഉപാധി നടക്കില്ല ഒരു ഇങ്ങനെ പറയാൻ എന്താണ് ഏതത് ഉപാധി ആദ്യം ഇങ്ങനെ വരുന്നു നോക്കാം പക്ഷത്തിൽ സാധ്യത്തിന്റെ കാര്യത്തിൽ അനുമാനം നടക്കുമ്പോൾ നിശ്ചയമില്ല ഉണ്ടോ പക്ഷത്തിലെ സാധ്യത്തിന്റെ സന്ദേഹമാണ് പിന്നെ നമുക്ക് പരിശോധിക്കുന്ന ഇവിടെ ദൃഷ്ടാന്തത്തിന് ദൃഷ്ടാന്തത്തിന് നോക്കുക എന്താണ് എത്ര എത്ര സാധ്യം തത്ര എത്ര ഉപാധി അതാണ് സാധ്യവ്യാപകത്വം അല്ലേ എന്ന് പറയുന്ന സാധ്യമെന്താണ് ദേവദത്വനിഷ്ഠ പ്രമാഭാവ അതിരിതമായ അനാഥ നിവർത്തകത്വം അല്ലേ അതാണ് സാധ്യം ദൃഷ്ടാന്തത്തെ നോക്കുക ദേവദത്വനിഷ്ഠമായ പ്രമാഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയായ പ്രമാപ്രാഗാവത്തിന്റെ നിവർത്തകത്വം ദൃഷ്ടാന്തത്തിൽ വന്നു എവിടെ യജ്ഞദത്തപ്രമാൽ വന്നല്ലോ സാധ്യം വന്നു അല്ലേ ഇനി ഉപാധി നോക്കുക എത്ര എത്ര സാധ്യം അത്ര എത്ര ഉപാധി ഉപാധി ഉണ്ടോന്ന് നോക്കുക ഉപാധി എന്താണ് തത് അസംവേദത്വം ദേവദത്ത നിഷ്ഠ പ്രമാഭാവത്തിൽ നിന്ന് അതിരിക്തമായ അനാദിയുടെ നിവർത്തകമായി എന്ത് എന്തായി യജ്ഞാത്ത പ്രമ ഒന്നല്ലോ ആ പ്രമയിൽ തത് അസംവേദത്വം വരൂ നിവർത്തകം ഏതോ അതെവിടെ വന്നോ യജ്ഞദത്ത പ്രമേലല്ലേ നിവർത്തകത്വം വന്നത് അപ്പോ അവിടെ തത് അസവേദത്വം വരുമോ വരുത്താം ദേവദത്ത നിഷ്ടപ്രമ അല്ലേ ദേവദത്ത നിഷ്ഠപ്രമ എന്ന് പറയുന്നത് ദേവദത്തനിലേ ഇരിക്കു അപ്പോ ദേവദത്ത നിഷ്ടപ്രമ ദേവദത്തിൽ ഇരിക്കുന്നു ആ പ്രമാഭാവം അവിടെയിരിക്കുന്നു അതിന് അതിരിക്തമായ യജ്ഞത നിഷ്ഠ പ്രമാഭാവ നിവർത്തകത്വം എന്ന് പറയുന്നത് യജ്ഞത തന്നെ മാത്രമല്ലേ വരുന്നുള്ളൂ ദേവത തന്നെ വരുന്നുണ്ടോ ഉണ്ടോ സംശയമുണ്ടോ അല്ല അല്ലെങ്കിൽ സാധനത്തെ നോക്ക് സാധനം എടുത്ത് നോക്കുക സാധനം എന്ന് പറയുന്നത് എന്താണ് ദേവദത്വനിഷ്ഠ പ്രമാഭാവ അതിരിക്ത അനാദിയുടെ നിവർത്തകമായി എന്ത് യജ്ഞനിഷ്ഠ പ്രമ ആ പ്രമയിൽ നോക്കുക അത് തത് അസംവേദമാണോ എന്ന് നോക്കുക അനാദിയുടെ നിവർത്തകം എവിടെ വന്നു യജ്ഞദത്തനിൽ വന്നു ആ നിവർത്തകമായിരിക്കുന്ന അത് തത് അസംവേദമാണോന്ന് നോക്കുക യജ്ഞദത്തലിൽ അസംവേദമാണോ എങ്ങനെ അതായത് സാധനത്തിന്റെ അഭ്യാപകത്വം വരണ്ടേ വേണ്ടേ അപ്പൊ സാധനമായിട്ട് നമ്മളെടുത്ത ഏതിനാ സാധനമായിട്ടെടുത്തത് പ്രമാത്വം സാധനത്തിന്റെ വ്യാപകത്വം അല്ലെങ്കിൽ അഭ്യാപകത്വം അപ്പൊ സാധനത്തിന്റെ അവ്യാപകത്വം പറഞ്ഞ എവിടെ ഉപാധിയിൽ അല്ലേ അപ്പോ സാധനമായി പ്രമാത്വം ഈ പ്രമാത്വം തത് അസംവേദമാണോന്ന് നോക്കുക തത് അസംവേദം എന്ന് വെച്ചാൽ തസ്മിൻ അവവേദം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നോക്കുക ഇപ്പൊ പ്രമാത്വത്തെ നോക്കുക ഹേതുവാണ് പ്രമാത്വം യജ്ഞത തന്നെ എടുക്കുക യജ്ഞത തന്നെ എടുത്തുകഴിഞ്ഞാൽ അവിടെ അങ്ങനെ പ്രമാത്വം എന്ന് പറയുന്നത് സർവത്ര പ്രമേലിരിക്കുന്നു ആണ് പ്രമേൽ പ്രമാത്വം പ്രമേയ സ്വയ സംബന്ധത്തിൽ ഇരിക്കുന്നു അപ്പൊ തദസംവേദമായതോ അതിൽ തത് അസംവേദത്വം വരണം അല്ലെങ്കിൽ തത് അയ സംവേതത്വം അപ്പോ ഉപാധിയായിട്ട് അത് വെച്ചു അപ്പോ സാ സാധ്യത്തിന്റെ വ്യാപകത്വം സാധനത്തിന്റെ അഭ്യാപകത്വവും തത് അസമവേദത്വത്തിൽ വരുന്നുണ്ടെന്ന് നോക്കണം സാധനത്തെ എടുത്തു നോക്കുക എന്ന് പറയുന്നത് പ്രമാത്വം അപ്പോ സാധനത്തിന്റെ അഭ്യാപകത്വം തദ്സമവേദത്വത്തിൽ വരണം വരുന്നുണ്ടോ തദ്സമവേദത്വം എന്ന് പറഞ്ഞാലും തത് അസമവേദത്വം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അതിൽ വ്യത്യാസം തന്നെ തത് എന്ന് പറയാം തത് അയസമവേദം എന്നും പറയാം രണ്ടു അപ്പൊ സാധനാംശത്തെ ആദ്യം നോക്കുക സാധ്യാശത്തിൽ നോക്കിയാലും കുഴപ്പമില്ല ദേവദത്ത് നിഷ്ഠ പ്രമ അഭാവം ഏതഭാവത്തെയും എടുക്കാം അഭാവത്തിൽ നിന്ന് അതിരിക്തമായ അനാദിയായ ഭാവത്തിൻ്റെ നിവർത്തകത്വം ആയി ആ നിവർത്തകത്വം എന്ന് പറയുന്നേപ്പോഴും പ്രമേയിലേ വരത്തുള്ളൂ അത് വ്യാപകമാണോ തത് അസംവേദത്വം ആണോന്ന് നോക്കുക പക്ഷത്തെ എടുക്കാൻ പാടില്ല കാരണം പക്ഷത്തിൽ സാധ്യത്തിന്റെ സംശയമാണ് അതുകൊണ്ട് അവിടെ വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നോക്കണം പിന്നെ പക്ഷം വിട്ടിട്ട് നമുക്ക് നോക്കാൻ പറ്റിയത് ദിഷ്ടാന്തമാണോ ദൃഷ്ടാന്തത്തിൽ ഈ സാധ്യം നോക്കുക ഉണ്ടോ എന്ന് നോക്കുക ഉപാധി ഉണ്ടോ എന്ന് നോക്കുക ഇത്രേയുള്ളൂ ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ടോ നേരത്തെ തന്നെ നമ്മൾ സമർത്ഥിച്ചു അല്ലേ യജ്ഞദത്ത പ്രമേല് സാധ്യമുണ്ട് ഞാ യജ്ഞദത്ത പ്രമേല് തത് അസമവേദത്വം ഉണ്ടോന്ന് നോക്കുക ദേവദത്ത നിഷ്ഠ പ്രമാഭാവത്തിൻ്റെ പ്രമാഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയുടെ നിവർത്തകത്വം യജ്ഞദത്തപ്രമയിൽ വന്നു ആ യജ്ഞദത്തപ്രമ എന്ന് പറയുന്നത് തദസംവേദമാണ് എന്ന് നോക്കണം പിന്നെ നോക്കേണ്ടത് ഹേതു പ്രമാത്വം പ്രമാത്വം എന്ന് പറയുന്നത് പക്ഷത്തിലുണ്ടെന്ന് ഉറപ്പാണ് ഹേതുവിന്റെ കാര്യത്തിൽ പക്ഷത്തിൽ സംശയം ചില അപ്പോ പക്ഷത്തിൽ പ്രമാത്വമുണ്ട് അല്ലെങ്കിൽ എത്രയെത്ര പ്രമാത്വം പക്ഷത്തിലുണ്ട് തത് അസംവേദത്വം ഉണ്ടോ എന്ന് നോക്കുക അത് അസംവേദമാണെങ്കിൽ അസംവേദത്വം വരും സംവേദമാണെങ്കിൽ സംവേദത്വം വരും പക്ഷത്തിൽ സാധ്യമുണ്ട് ഹേതുണ്ട് ഉറപ്പായി പരമാത്വം ഇനി അവിടെ ഹേതുവിന്റെ വ്യാപകത്വമാണോ അവ്യാപകത്വാണോ എന്ന് നോക്കണം ഉപാധി ഉപാധിയില് സാധ്യവ്യാപകത്വവും വരും സാധന വ്യാപകത്വവും വരും അത് ചിന്തിച്ചാ മതി സാധ്യവ്യാപകത്വം വരണമെങ്കിൽ എന്തിനെടുക്കും എത്രയെത്ര സാധ്യം തത്രയത്ര ഉപാധി എന്ന് പറണമെങ്കിൽ എവിടെ എവിടെയെല്ലാം ഉപ സാധ്യമുണ്ടോ അവിടെ എവിടെയെല്ലാം ഉപാധി എന്ന് പറഞ്ഞാൽ പക്ഷമൊഴികെയുള്ള സ്ഥലത്തെ എടുക്കണം പക്ഷമൊഴികെയുള്ള സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് യജ്ഞാത്ത പ്രമേയാണ് അപ്പം യജ്ഞാത്ത പ്രമേല് സാധ്യമുണ്ട് ഉപാധിയുണ്ട് നല്ല ഉപാധി വരത്തുള്ളൂ അപ്പോൾ ഉപാധി എന്തെന്ന് നോക്കാം യജ്ഞാത പ്രമേയില് തത് എന്തുകൊണ്ട് യജ്ഞദത്ത പ്രമ എന്ന് പറയുന്നത് യജ്ഞദത്ത സംവേദമാണ് ദൈവദത്ത സംവേദം അല്ല അപ്പൊ യജ്ഞദത്ത പ്രമേലെന്ത് വന്നു ദൈവദത്ത അസംവേദത്വം വന്നു ഉപാധി വന്നല്ലോ സാധ്യം നേരത്തെ വന്നു അപ്പോ എത്ര എത്ര സാധ്യം തത്രയത്ര ഉപാധി യജ്ഞദത്ത പ്രമേൽ വന്നു നിങ്ങളൽപ്പം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം തന്നു ഇനി സാധന അവ്യാപകത്വം എങ്ങനെ വരുന്നെന്ന് നോക്കുക ഏ പ്രമാവം ഇവിടെ ഉണ്ട് പ്രമേനുണ്ടല്ലോ അത് തദസംവേദമാണോ അല്ല സംവേദമാണ് അപ്പൊ സാധനവ്യാപകത്വം ഒന്ന് നമ്മളത്തെ പ്രമേയെ നമുക്ക് എടുക്കാൻ പറ്റൂ കാരണം ഹേതുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പക്ഷത്തെ എടുക്കാം സാധ്യത്തിൻ്റെ കാര്യത്തിൽ പക്ഷത്തെ എടുക്കാൻ കഴിയില്ല അപ്പം പിന്നെ നമുക്ക് ഉപാധിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എങ്ങനെ ദൃഷ്ടാന്തത്തെ എടുക്കും ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ടോ നേരത്തെ തന്നെ പറഞ്ഞ അല്ലേ ഇനി തത് സ്വമേതമാണോ നോക്കുക അപ്പോ നമ്മള് സാധ്യത്തെക്കുറിച്ച് പറയുമ്പോ എന്താ പറയുന്നത് ദേവദത്തിനിൽ നിന്ന് ഇരിക്കുന്ന പുറമെയിൽ നിന്ന് അതിരിക്തമായ ഏതോ ഒന്നിൻ്റെ നിവർത്തകം എന്നാണ് പറയുന്നത് ആസാദന യജ്ഞതത്തിൽ ഉണ്ടെങ്കിൽ വ്യാപമായിട്ട് എന്ത് വരും തദസമേതത്വം വരും വരുമോല്ലയോ ദേവദത്തനിൽ അത് യജ്ഞദത്തനിൽ വെച്ചാൽ ചിന്തിക്കാവും യജ്ഞദത്തനിൽ പ്രമാത്വം എന്ന് പറയുന്നത് ഉണ്ട് ഹേതുണ്ട് യജ്ഞദത്തൽ പക്ഷത്തിലുമുണ്ട് രണ്ടിടത്തും ഉണ്ട് കാര്യം തിർക്കാൻ പറ്റും അവിടെ പിന്നെ നോക്കേണ്ടത് ാണ് രണ്ടിടത്തുമുണ്ട് അപ്പൊ സാധനത്തിന്റെ അവ്യാപകത്വം വരുന്നെങ്ങനെയെന്ന് കണ്ടുപിടിക്കുന്നു അപ്പൊ സാധനമായി പ്രമാത്വം ആ പരമാത്വം എന്ന് പറയുന്നത് രണ്ടിടത്തും ഇരിക്കുന്നുണ്ട് പക്ഷെ തത് അസംവേദത്വം എന്ന് പറയുമ്പോൾ യജ്ഞത്തലെടുക്കുമ്പോ സാധന അഭ്യാപകത്വം വരണം അല്ലേ സാധനം എന്ന് പറയുന്നത് പ്രമാത്വം ആ പ്രമാത്വത്തിന്റെ അഭ്യാപകത്വം ഉപാധിയിൽ വരണം തത് അസമവേദത്വത്തിൽ വരണം എത്രയെത്ര പ്രമാത്വം തത്ര തത് അസംവേദത്വം വരുമെന്നാണ് ചിന്തിക്കേണ്ടത് രണ്ട് പ്രമേയമാണ് ഉള്ളത് ഒന്ന് ദേവദത്തിന്റെ പ്രമേയും മറ്റൊന്ന് യജ്ഞദത്തിന്റെ പ്രമേയും യജ്ഞദത്ത പ്രമേയം എടുക്കുക അവിടെ പ്രമാത്വം ഉണ്ട് അവിടെ തത് അസംവേദത്വം യജ്ഞദത്ത അസംവേദമാണ് ആ പ്രമേ അതുകൊണ്ട് തത് അസംവേദത്വം അതിൽ വരുമോ ഇല്ല എന്നാ അത് വിട്ടയ്ക്കുക ദേവദത്വ പ്രമേയിലേക്ക് വരികയോ അല്ലേ അവിടെ എന്തുണ്ട് പ്രമാത്വം ഉണ്ട് അവിടെ തത് അസംവേദത്വം വരുമോ അപ്പൊ സാധനവ്യാപകത്വം വരണ്ടേ വരും അപ്പൊ സാധനവ്യാപകത്വം വന്നു എത്ര എത്ര പ്രമാത്രം തത്രയത്ര അസംവേദത്വം തത് അന്യസംവേദത്വം അല്ലെങ്കിൽ തത് അസവേതത്വം അത് വരുന്നില്ല വരുന്നുണ്ടോ എവിടെ എവിടെയെല്ലാം പ്രമാത്വം വരുന്നുണ്ടോ അവിടെയെല്ലാം തത് അസംവേതത്വം അല്ലെങ്കിൽ തത് രണ്ട തത് അന്യസ്വമേതത്വം വരുന്നില്ല സാധനവ്യാപകത്വം വന്നു സാധ്യത്തിന്റെ വ്യാപകത്വം വന്നു അപ്പ ഉപാധിയായി ചിന്തിക്കാനുള്ള വകയായി എന്താ ഒരു സംശയം പോലെ ഇരിക്കുന്നു ഉപാധി എന്ന് പറയുന്നത് തഥസമേതത്വം അത് ഏത് പ്രമേയം എടുക്കുന്നോ അത് വെച്ച് ചിന്തിക്കണം നമ്മളൊരു ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ടോയെന്ന് നോക്കി സാധ്യമവിടെ വന്നു കഴിഞ്ഞു Yes <no wow േ ശരി വന്നുകഴിയുമ്പം അത് സാധ്യം വന്നേ എങ്ങനെ അവിടെ പ്രമേയുണ്ട് യജ്ഞദത്ത പ്രമേലും പ്രമേയുണ്ട് അപ്പൊ അവിടെ പ്രമാത്വം വന്നു സാധ്യമവിടെ വന്നു ഇനി നോക്കുക ആ പ്രമാത്വം തത് അസമേതമാണോന്ന് നോക്കുക അല്ല നിവർത്തകത്വം നിവർത്തകത്വം എന്ന് പറയുന്ന വരുന്നത് അത് പ്രമേലല്ലേ വരുന്നു ഉം സാധ്യം വന്നു അത് പ്രമേ തന്നെ നിവർത്തകത്വം എന്ന് പറയുന്നത് പ്രമാവിലും നിവർത്തകത്വം വന്നു അപ്പോ അവിടെ നോക്കുക യജ്ഞത്തെ പ്രമേല നോക്കുക യജ്ഞ യജ്ഞ പ്രമേയില് നിവർത്തകത്വം വന്നു അപ്പോ സാധ്യം വന്നു ആ നിവർത്തകമായിരിക്കുന്ന പ്രമ എന്ന് പറയുന്നത് തഥാസം വേദമാണോ ഏ അത് യജ്ഞത്തിനെടുക്കുക പക്ഷത്തിൽ സാധ്യമുണ്ടോയെന്നുള്ള കാര്യം സംശയമല്ലേ ഇവിടെ പക്ഷത്തിലൊരു നിവർത്തകമുണ്ട് ആ സാധ്യം പക്ഷത്തിലുണ്ടോന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് അപ്പം അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല നിവർത്തകമായ അത് എവിടെയിരിക്കുന്നു എന്നുള്ള നമുക്ക് ദൃഷ്ടാന്തത്തിലെ എടുക്കാൻ പറ്റും പക്ഷത്തിലെടുക്കാൻ പറ്റുന്നില്ല പ്രമേയെടുത്തു അവിടെ നിവർത്തകത്വം ഉണ്ടോയെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം മയ്യ യജ്ഞ പ്രമ ഉ യജ്ഞത്ത അതെ അപ്പോ യജ്ഞദത്തലിലിരിക്കുന്ന പ്രമേയെക്കുറിച്ച് എന്തു ചെയ്യണം യജ്ഞദത്തലിരിക്കുന്ന പ്രമേൽ എന്തുവരുന്നു യജ്ഞദത്ത പ്രമ എന്ന് പറയുന്നത് നിവർത്തകമാണ് ആണല്ലോ സാധ്യമുണ്ട് ആ യജ്ഞദത്ത പ്രമ തത് അസംവേദമാണോ സ്വവേതമാണോ എന്ന് ചിന്തിക്കുക ഉം യജ്ഞത്തിൽ യജ്ഞത്തിൽ സമവേദമാണ് പ്രമേലല്ലേ പ്രമ നിവർത്തകത്വം വരുന്നത് അപ്പൊ പ്രമവര നമ്മൾ പോയാൽ മതി ദേവതത്തിന്റെ കാര്യത്തിൽ സംശയമാണ് സാധ്യമുണ്ടോ എന്നുള്ള കാര്യം ഏ അല്ല ഇത് നോക്കുന്ന ഏത് സമഭേദമെന്നാണ് സമഭേദം ഏതെന്നാണ് ചിന്തിക്കുന്നത് നിവർത്തകമായിരിക്കുന്ന ആ പ്രമ അത് എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നു വന്നുകഴിഞ്ഞാൽ എന്തു വരുന്നു ആ വരാതിരിക്കുന്ന എങ്ങനെയെന്ന് പിന്നെ നോക്കണം വരുമെന്ന് നോക്കണം എത്ര എത്ര സാധ്യം തത്രയത്ര ഉപാധി അത് വരുമെന്ന് ആദ്യം നോക്കണം എത്രയെത്ര നിവർത്തകത്വം തത്രയത്ര തത് അസമവേദത്വം വരുമെന്ന് നോക്കണം അപ്പം സാധ്യവ്യാപകത്വം വരും ആദ്യം വരുത്തണം പിന്നെ വരാതിരിക്കുന്നെങ്ങനെയെന്ന് പറയും വന്നു ആ ഇനി അതിനെ കുറിച്ച് എന്ത് ചെയ്യണം വ്യാപകത്വത്തെ കുറിച്ച് എന്ത് എന്ത് സാധ്യ വ്യാപകത്വം അല്ലേ വരേണ്ടത് സാധ്യവ്യാപകത്വം വരണം അപ്പോ സാധ്യം എന്ന് പറയുന്നത് അതി വന്നു ഏ നിവർത്തകത്വം എന്ന് പറയുന്നത് യജ്ഞ പ്രമേയായി നിവർത്തകം ഇപ്പൊ നിവർത്തകത്വം വരും ഈ നിവർത്തകത്വം എന്ന് പറയുന്നത് അത് ധർമ്മം നിവർത്തകം വന്നു പിന്നെ നോക്കേണ്ടത് ആ തത് അസംവേദത്വം എന്ന് നോക്കണം ഉം ഉം അല്ലല്ല സാലിപ്പം നോക്കുക പർവ്വതോ വന്യമാൻ ധൂമ അപ്പോ എത്രയെത്ര വന്യി തത്ര എത്ര പർവ്വതോ ധൂമാൻ മന്യേഹി അങ്ങനെ എടുക്കുന്നു എത്ര എത്ര ധൂമഹ അത്ര അർദ്ധന സമയം രണ്ടും ഒരിടത്ത് വരണം സാദ്യം വരണം ഉപാധിയും വരണം അപ്പൊ അയോഗോളകം എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് രണ്ടും വന്നു അയോ ഗോളകത്തിലാവരും വേറൊരു സ്ഥാനത്തെ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ പറയാണ് പർവ്വതോ ധൂവാൻ മന്നേഹ് യഥാ മഹാനസുന്ന് പറഞ്ഞു പർവ്വതോ ധൂവാൻ മന്നേഹ് യഥാ മഹാനസു അപ്പം മഹാനസു എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തെ കുറിച്ചാണ് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് കാരണം പക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം പക്ഷത്തിൽ ധൂമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അപ്പോൾ മഹാനസം എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് അവിടെ ഹേതു കൊണ്ടോ സാധ്യമുണ്ടോ എന്ന് നോക്കുന്നു അപ്പോൾ ദൃഷ്ടാന്തത്തെ എടുത്ത എന്താണ് എത്രയെത്ര ധൂമഹ ആ ഒരു സ്ഥലം കാരണം എല്ലാ സ്ഥലവും പോയി നോക്കാൻ പറ്റുമോ ഒരു സ്ഥലമല്ലേ നോക്കാൻ പറ്റൂ അപ്പോൾ എത്ര എത്ര ധൂമഹ തത്ര എത്ര അഗ്നി മഹാനസത്തിൽ വന്നു അപ്പോൾ സാധ്യത്തിന്റെ വ്യാപകത്വമായിട്ട് നമുക്കൊരു ദൃഷ്ടാന്തം എടുക്കാൻ പറ്റും അപ്പം എത്രയെത്ര ധൂമ അത്ര അത്ര മന്യീന്ന് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ഉപാധി വന്നു അല്ലാതെ എവിടെ ധൂമ ഇരിക്കുന്നു അവിടെ എവിടെയെല്ലാം മഞ്ഞ ഉണ്ടോ അതുപോയി പരിശോധിക്കാൻ പറ്റത്തില്ല അപ്പോൾ പ്രസിദ്ധമായൊരു സ്ഥലം അപ്പോൾ പ്രസിദ്ധമായ സ്ഥലമെടുക്കുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ ദുഷാ തന്നെ എടുത്തു അവിടെ സാധ്യവ്യാപകത്വം തീരുമാനിച്ചു ഇനി സാധ്യവ്യാപകത്വം തീരുമാനിച്ചെടുത്ത് നമുക്ക് സാധനഅ വ്യാപകത്വം തീരുമാനിക്കാൻ പറ്റില്ല അത് പറ്റത്തില്ല എത്രയെത്ര ധൂമഹത്ര അഗ്നിയും തീരുമാനിച്ചെടുത്ത് തന്നെ പറ്റത്തില്ല സാധന അഭ്യാപകത്വത്തിൽ തീരുമാനിക്കാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു അപ്പൊ വേറെ ഒരു സ്ഥലത്ത് ചെയ്യുന്നപ്പോ എന്താണ് എത്രയെത്ര വന്നി അത്ര ധൂമ അങ്ങനെ ഇല്ല ഏ അയോ ഗോളകത്തിൽ അതിന് വേറെ സ്ഥലമാ പോകുന്നു അപ്പൊ എത്ര എത്ര വന്യത്ര ആർദന സംയോഗം ആ സാധനം വ്യാപത്തു ആർദന സമയം വലിയ ഉപാധി അപ്പൊ എത്രയെത്ര ധൂമ അത്ര എത്ര അർദ്ധനു സമീപമാണ് എന്ന് പറയുന്നതിനും നമുക്ക് മഹാൻ സംഘട്ടി അവിടെ ധൂമുണ്ട് ആദ്യം സമീപമുണ്ട് അപ്പോ സാധ്യവ്യാപകത്വത്തെ സ്ഥാപിച്ച ദൃഷ്ടാന്തത്തിൽ തന്നെ അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം എന്താണ് പർവ്വതത്തിൽ ധൂമുണ്ട് വന്യുണ്ട് അത് പറയാൻ പറ്റില്ല കാരണം പർവ്വതത്തിൽ ഇപ്പോൾ ധൂമത്തിന്റെ സംശയമാണ് ഹനുമാനം അങ്ങനെയാണ് ഇത് പർവ്വതോ ധൂവാൻ വന്യഹി അപ്പോൾ പക്ഷം വിട്ട് വേറെ സ്ഥലത്ത് തന്നെ പോണം അതിന് നമുക്ക് സർവസമ്മതമായിരിക്കുന്നത് ദൃഷ്ടാന്തം തന്നെ അവിടെ തീരുമാനിച്ചത് എത്രയെത്ര ധൂമഹ തത്ര അങ്ങനെ അപ്പോ അതുകൊണ്ട് എത്രയെത്ര ധൂമഹ തത്ര വന്യഹി ഇന്ന് വരുന്നിടത്ത് ഇപ്പൊ ദൃഷ്ടാന്തത്തെ എടുത്തുനിന്ന് ഇരിക്കട്ടെ എത്ര എത്ര ധൂമഹത്തെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആർദ്ദരും സമയവും വരും അതുകൊണ്ടാണ് പറഞ്ഞത് ധൂമത്തിന്റെ വ്യാപകമായ ആർദ്ദരൻ സമയവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഈ രണ്ടു സ്ഥലത്തും കിട്ടും ഈ രണ്ടു തരത്തിലും വ്യാപ്തി പറയാം പറഞ്ഞ ഫലത്തിൽ ഒന്ന് തന്നെ എത്ര എത്ര ധൂമഹ ആർജു സമയം എന്ന് പറഞ്ഞാലും എത്രയെത്ര ധുമ വന്യെന്ന് പറഞ്ഞാലും രണ്ടിടത്തും ഉപാധി വരും അപ്പോ പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ആ വ്യാപ്തി നിശ്ചയിച്ച നമ്മൾ താത്കാലികമായി പൂർണ്ണ വ്യാപ്തിയല്ല നിഷ്ടാന്തമായി പറഞ്ഞ മഹാനസ്യത്തിൽ തന്നെ നമ്മൾ ആർജുന സമീപത്തെ കണ്ടുപിടിച്ചു അപ്പോൾ അവിടെ വന്നു പക്ഷേ പക്ഷത്തിൽ സാധ്യത്തിന്റെ നിശ്ചയമില്ലാത്തതുകൊണ്ട് വേറെ സ്ഥാനം എടുക്കുന്നു സാധനപയോഗത്തെ കാണിക്കാൻ വേണ്ടി അപ്പൊ അത് പറയുന്നു എത്രയെത്ര വന്യഹിത്ര രണ്ടും പറയാ എത്രയെത്ര വന്നിഹിത്രുമ എത്ര വന്യഹി തത്രയെത്ര അധുനിക സ്മ ഇത് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അയോ ഗോളത്തിൽ രണ്ടുമില്ല അപ്പൊ അങ്ങനെ രണ്ടു തരത്തിലും പറയാൻ പറ്റില്ല അപ്പോ അതിനു വേണ്ടിയിട്ട് രണ്ടു ഒന്ന് തന്നെയാണ് എത്രയെത്ര വന്യത്ര ധൂമ എന്ന് പറഞ്ഞാലും എത്രയെത്ര വന്യ അത്ര എത്ര അർജ്ജന സിംഹ എന്ന് പറഞ്ഞാലും ഒരേ ദോഷം തന്നെ വരും ഒരു സ്ഥലം വേറൊരു സ്ഥലം കണ്ടുപിടിക്കുന്നു അപ്പൊ ഇത് മനസ്സി ഇത് ചിന്തിച്ചാൽ വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ ഇത് വെച്ചുകൊണ്ട് എത്ര സാധ്യം എന്നാണ് എത്ര എത്ര ഉപാധി അത് ദൃഷ്ടാന്തത്തിൽ വരും ദൃഷ്ടാന്തത്തി വരത്തക്ക രീതി ചിന്തിക്കണം എങ്ങനെയാണ് ദൃഷ്ടാന്തമായ സാധ്യവും വരുന്നത് ഉപാധിയും വരുന്നതെന്ന് വരത്തക്ക രീതി ചിന്തിച്ചാൽ എളുപ്പം പിടി കിട്ടും തദ്വേദത്വം ടു സെറ്റന് ഉപാധി ദൈവദത്തോദത്വംവേദിക ദുഷ്ടാന്തം സാധ്യമേ സ്ർ മിശീസ് തെയർ അസംവേദം ദൈവദത്തോദത്വം hm parmatma is there is no controversy parmatma is there accepted both nayi antarika so parmatma in both places devadatta sommedatme is there in here so eh ubadi tadat sammedatvan tanne sammedatto തദന്യസംവേതത്വം അല്ലെങ്കിൽ തത് അസംവേതത്വം എളുപ്പത്തിൽ വരും അതായത് ഇതിപ്പോ ദോഷം പറയാൻ വേണ്ടി പറയുന്നതാണ് ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് തന്നെ പറയും താർക്കികന് ദോഷം തരാൻ വേണ്ടി പറയുകയാണ് ഒരു സ്ഥലത്ത് കാണിക്കുന്നു എന്താണ് സാധ്യവരിക്കുന്നു ഉപാധിയിരിക്കുന്നു അപ്പൊ തത് അസംവേതത്വം അല്ലെങ്കിൽ തത് അസംവേതത്വം എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നു അപ്പൊ സമവേദത്തെ എടുക്കണം സംവേദത്തിലേക്ക് പോകണ്ട ഏതാണ് സംവേദം ഏതാണ് സ്വവേദം അല്ലാതിരിക്കുന്നത് ഏതാണ് സ്വവേദം ഏതാണ് നിവർത്തകം നിവർത്തകം എന്ന് പറഞ്ഞാൽ സംവേദം എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ പ്രമേയെ സംബന്ധിച്ചാണ് പറയുന്നു അപ്പോ ആ പ്രമ അത് യജ്ഞത്തിന്റെ പ്രമയിൽ വന്നെങ്കിൽ നിവർത്തകമായെങ്കിൽ തത് യുമ്പോ ദേവദത്തനിൽ അത് അസ്വമേതമായി അപ്പോ ദേവതത്വ അസമേധമായി ആ പ്രമ നിവർത്തകമായ പ്രമ അല്ല അസ്വമേതത്വം ഇനി പ്രമാത്വം എടുക്കുക പ്രമാത്വം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്ത് ഇരിക്കുന്നു അപ്പൊ എത്രയെത്ര പ്രമാവം തത്രയത്ര തത് അസ്വേതത്വം കാരണം നമുക്ക് ദൃഷ്ടാന്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദൃഷ്ടാന്തത്തിൽ പ്രമാത്വമുണ്ട് പിന്നെ നേരത്തെ എടുത്തതിനെയാണ് തദസംവേദത്വം അപ്പൊ തശബ്ദം കൊണ്ട് ദേവദത്തെ പ്രമേയം എടുത്തു കഴിഞ്ഞാൽ പ്രമാത്വം അവിടെയുണ്ട് പക്ഷേ തദാസംവേദമല്ല പ്രമാത്വം എന്ന് പറയുന്നത് ദേവത്തെ പ്രമേലുമുണ്ട് പക്ഷെ അത് അസവേദം അല്ല അസം ദേവത്തെ പ്രമേഹയിലാണെങ്കിലോ അത് സ്വേദമാണ് പക്ഷെ ഹേതുവിന്റെ കാര്യത്തിൽ തർക്കമില്ലാത്തതുകൊണ്ട് പ്രമാത്വ രണ്ടിടത്തും ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ എന്താണ് എത്ര എത്ര പ്രമാത്തും അത്രയത്ര തത് അസംവേദത്വം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഒരിടത്ത് അസമേതവും വേറെടുത്ത് അസമേതാണ് ഇല്ലേ പ്രമാത്വ രണ്ടിടത്തുമില്ലേ അപ്പൊ എന്ന് വെച്ചാ പ്രമ രണ്ടടുത്തുമുണ്ട് അതുകൊണ്ട് എത്രയെത്ര പ്രമാത്വം തത്രയത്ര തദ്സ്വേദം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഒരിടത്തത് സ്വമേതവും വേറിടത്ത് അസമേതവുമാണ് അപ്പോ തദസമേതമൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല എവിടെ സ്വമേതമായിരിക്കുന്നു യജ്ഞതല് പ്ര സ്വമേതമായി രണ്ടിടത്തും ഇരിക്കുന്നു പ്രമേയുടെ കാര്യത്തിൽ സംശയമില്ലല്ലോ ദേവത്വ പ്രമേ ദേവതത്തിനും സംവേതമായിരിക്കുന്നു യജ്ഞത്വപ്രമ യജ്ഞത്തിനും സംവേതമായിരിക്കുന്നു അപ്പൊ സമവേദത്വമുണ്ട് പക്ഷേ തത് എന്ന് പറയുമ്പോൾ ഒരിടത്തിരിക്കുന്ന വേറിടുത്ത് അസംവേദമാണ് അപ്പോ എത്രയെത്ര പ്രമാവം തത്വത്തെ അസംവേദത്വം എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ സാധനവ്യാപകത്വം വന്നു ദോഷം വന്നു ദോഷം വരുത്താൻ വേണ്ടി എങ്ങനെ എടുക്കുന്നു സദ്യവ്യാപത്വവും സാധനം വ്യാപത്വം ഒന്ന് അല്ല പ്രമ രണ്ടിനെ എടുക്കാൻ പ്രമാത്വം എന്നെ പറഞ്ഞിട്ടുള്ളൂ യജ്ഞത്വമെന്നോ ദേവദത്വമെന്നോ ഹേതുവിനെ പറഞ്ഞിട്ടുണ്ടോ ഹേതുവിനെ എടുക്കാം സാധ്യം വരുമ്പോ എടുക്കാൻ പറ്റില്ല ഹേതുവിനെ എടുക്കുമ്പോൾ രണ്ട് പ്രമേയം എടുക്കാം എന്നുവെച്ചാൽ പ്രമാത്വം രണ്ടിടത്തും ഉണ്ട് പ്രമാത്വം രണ്ടടത്തും ഇരിക്കുകയല്ലേ ഒന്നിനുമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ പ്രമാത്വം എന്ന് പറയുമ്പോഴത്തേക്ക് ദേവത്തെ പ്രമേഹിരിക്കുന്ന പ്രമാത്വത്തെ യജ്ഞത്തെ പ്രമേയം ഇരിക്കുന്ന പ്രമാത്വത്തെ എടുക്കുന്നു ഏ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യജ്ഞത്തിൽ ഇരിക്കുന്ന പരമാത്വത്വം എടുക്കുക അത് പ്രമേയെടുക്കുക അതെന്താണ് അസവേദമാണോ രണ്ടെടുത്ത് കഴിഞ്ഞാൽ സാധനവ്യാപത്വം വരും ആ സാധനവ്യാപത്വം വരുന്നു